മുലകുടി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി മാതാക്കൾ തങ്ങളുടെ മക്കൾക്ക് രണ്ടു വർഷം പൂർണമായി മുലകുടി നൽകേണ്ടതാണ് കുട്ടിക്കുവേണ്ടി അവൾക്കു വേണ്ട ഭക്ഷണവും വസ്ത്രവും മാന്യമായ രീതിയിൽ നൽകേണ്ടത് കുട്ടിയുടെ പിതാവിനാണ് ഒരാൾക്കും തൻറെ കഴിവിനപ്പുറം ബാധ്യത ഏൽപ്പിക്കപ്പെടുകയില്ല ഒരു മാതാവ് തൻറെ കുട്ടികാരണം ഉപദ്രവിക്കപ്പെടുകയോ കുട്ടിയുടെ പിതാവ് തൻറെ കുട്ടികാരണം ഉപദ്രവിക്കപ്പെടുകയോ ചെയ്യരുത് അവകാശിക്കും ഇതേ ബാധ്യതയുണ്ട് എന്നാൽ അവർ രണ്ടുപേരും പരസ്പര സമ്മതത്തോടും കൂടിയും കൂടിയാലോചനയിലൂടെയും മുലകുടി നിർത്താൻ ആഗ്രഹിച്ചാൽ അതിലവർക്ക് യാതൊരു കുറ്റവുമില്ല നിങ്ങളുടെ മക്കൾക്ക് മുലകുടി നൽകാൻ മറ്റൊരാളെ ഏൽപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നൽകേണ്ടത് മാന്യമായ രീതിയിൽ നൽകിയാൽ അതിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല നിങ്ങൾ അള്ളാഹു സുബഹാനുഭൂവത്തെ ആലായെ ഭയപ്പെടുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു സുബഹാനുഭൂവത്തെ ആലാ കാണുന്നവനാണെന്ന് മനസ്സിലാക്കുക